മഹത്വം ഇന്ന് സഭയിൽ കൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനാണ് ഞാൻ നന്ദി പറയുന്നത് ദൈവസഭ എത്ര മനോഹരമാണ് എത്രവെയ്സ് റിഫ്രഷിംഗ് എപ്പോഴും നമ്മളെ പുതുക്കുന്ന നമ്മളെ കഴുകുന്ന നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന നമ്മളെ മടക്കി വരുത്തുന്ന പുനഃസ്ഥാപിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ പല കാര്യങ്ങളിലും കേട്ടു ഞാനത് അവിടുത്തേക്ക് നിന്നില്ല എങ്ങനെയൊക്കെയാണ് നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് എന്ന് വളരെ വിശദമായിട്ട് നമ്മോട് പറഞ്ഞു ദൈവചനത്തിൽ നിന്നും ഒരു കാര്യം എൻ്റെ ഹൃദയത്തിലേക്ക് ആചത്തിൽ പറഞ്ഞത് ഇതിനെല്ലാം അകത്തുക ഒരു വാക്കിൽ സംഗ്രഹിച്ചാൽ നാം നമ്മുടെ മഹത്വത്തിനായിട്ടല്ല ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വം ആകേണ്ടതിനായിട്ട് ദൈവം വില കൊടുത്ത് വാങ്ങിച്ച കർത്താവ് വില കൊടുത്ത് വാങ്ങിച്ച മക്കളാണ് നാം നമുക്കായിട്ട് ഉള്ളവരല്ല അതല്ലേ പോലീസ് അപ്സോഡ് നമ്മൾ അങ്ങനെ തന്നെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾക്കുള്ള താന്തക്കുള്ളവരല്ല നിങ്ങൾ വിലക്കി വാങ്ങപ്പെട്ടിരിക്കുന്നു ഈ കാഴ്ച എപ്പോഴാണ് നാം നമ്മളിൽ നിന്ന് മാഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ നാം മറന്നു പോകുമ്പോൾ എവിടാണ് നമ്മൾ മറന്നു പോവുക നമ്മുടെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ അല്ലേ അത് ചിലപ്പോൾ വിജയങ്ങളുടെ സമയത്താകാം അല്ലെങ്കിൽ പരാജയങ്ങളുടെ സമയത്താകാം അല്ലെങ്കിൽ ഏതെങ്കിലും രോഗമോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നിന്നയോ പരിഹാസമോ ഒക്കെ വരുമ്പോഴാകാം നല്ലൊരു ജയം നമുക്ക് അർഹിക്കാത്തൊരു കാര്യം നമുക്ക് ലഭിക്കുമ്പോഴാകാം ഈ സമയത്തെല്ലാം നാം ഈ കർത്താവിനെ കാണാതെ വരുന്നൊരു കാര്യമുണ്ട് ഇപ്പോഴും നാം ഇന്ന് കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നാം മാനസാന്തരപ്പെട്ട ദൈവമക്കളാകുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടത്തെ പറ്റിയല്ല കർത്താവിനെ നാഥനും രക്ഷകരമായിട്ട് സ്വീകരിച്ച് ഈ സഭയിൽ ദൈവമക്കളായിട്ട് നാം ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തെ ആ മൂന്നവസ്ഥകൾ ബദൽ നിന്ന് പറഞ്ഞല്ലേ ശീതോഷ്ണ അവസ്ഥ ആ ദൈവത്തെ ദുഷിക്കുന്ന ഒരവസ്ഥ ദൈവത്തെ മഹത്തപ്പെടുത്തുന്ന അവസ്ഥ ഞാൻ ബുദ്ധി പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ചിത്രം നമ്മൾ പത്ത് ദിവസത്തിനെ പറ്റിയാണല്ലോ എല്ലാം ഏറ്റവും കൂടുതൽ സംസാരിക്കുക സഭയിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ സമയം ഏതായിരുന്നു അത് കർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ കർത്താവിനെ കാൽവരി മരണത്തിനായിട്ട് ഏൽപ്പിക്കുന്നതിന് മുമ്പ് ആ പ്രൊത്തോറിയത്തിൽ വെച്ച് പൗരസ പത്ത് പത്ത് ദിവസം പരാജയപ്പെട്ടതല്ല അല്ലെങ്കിൽ ആ നിലയിൽ സാത്താറിനീപ്പിനേക്ക് പോവുക എന്ന് പറയാനുണ്ടാക്കിയ സാഹചര്യമല്ല മറിച്ച് കത്താവിൻ്റെ ഉദ്ധാരണത്തിന് ശേഷം ജീവിക്കുന്നവനായ കർത്താവിനെ കണ്ട ശേഷം നമുക്ക് കഥാവിൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസും യോഹനാനും ഒക്കെ ഒരു പരാജയത്തിലേക്ക് പോകുന്ന നമുക്ക് കാണുന്നുണ്ടല്ലേ യോഹനാന സുശേഷം ഇരുപത്തൊന്നാം അധ്യായം അവിടെ മൂന്നാം ബാക്കി നമുക്ക് പരിചിതമായ ഒരു ഭാഗമാണ് സീമാൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞു ഞങ്ങളും പോരുന്നുവെന്ന് നമുക്ക് ഈ പ്രിയ ശിഷ്യനായ കഥാവിന്മാരോട് ചേർന്ന് യോഹനാൻ അപ്പസ്വലനും പറഞ്ഞു ഞങ്ങളും പോരുക കത്താവിനെ കണ്ടു കർത്താവ് പ്രത്യക്ഷരായി പ്രത്യക്ഷനായി തങ്ങളെ തന്നെ വെളിപ്പെടുത്തി ആ ഒഴിഞ്ഞ കല്ലറ പോയി നേരിട്ട് കണ്ടവര് അതൊക്കെ ജീവനോടെ പല തവണ കണ്ടിട്ടും നോക്കുക ഇവിടെ എത്ര പെട്ടെന്നാണ് ഈ കാഴ്ച മങ്ങിപ്പോയത് അവിടെ നോക്കുക അവിടെ അവിടെ അതേ തുടർന്ന് നമ്മൾ കാണുന്നൊരു ഭാഗമുണ്ട് ഏഴാം വാക്യത്തിൽ കർത്താവിനെ അവർ തിരിച്ചറിയുന്നൊരു ഭാഗമുണ്ട് ഏഴാം വാക്യം ഇങ്ങനെയാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസുണ്ട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു അത് കർത്താവാകുന്നു അത് കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് തന്നഗ്നായ ആകയാൽ അങ്കി അരയിൽ ചുറ്റി കടയിൽ ചാടി നോക്കി പെട്ടെന്ന് അത് കർത്താവാകുന്നു തങ്ങളുടെ ആ ആ പിന്മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ പരാജയപ്പെട്ടൊന്നും കിട്ടാതെ മടങ്ങി വരുമ്പോൾ അവിടെ കത്താവിനെ അറിയുവാനായിട്ട് അതിന് മുമ്പും ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു നാലാം വാക്യത്തിൽ പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു അവരത് കണ്ടതാണ് കരയിൽ നിൽക്കുന്നത് കണ്ടു യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല അപ്പോൾ നോക്കുക തങ്ങൾ പരാജയപ്പെട്ട് വ വന്നൊരു പരാജയത്തിലാണ് തങ്ങൾ പിൻവാങ്ങിപ്പോയി നാഥൻ്റെ ഇഷ്ടപ്രകാരമല്ലാതെ ഒരു മീൻപിടുത്തം അവിടെ അത് പരാജയമായിട്ടും ഈ കത്താവിനെ അവർ കണ്ടില്ല കത്താവിനെപ്പറ്റി ഓർത്തില്ല കത്താവ് കരയിൽ നിന്നിട്ടും അവർക്ക് മനസ്സിലായില്ല അതേ തുടർന്ന് കത്താവ് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി ചോദിച്ചു അഞ്ചാം കുഞ്ഞുങ്ങളെ കിട്ടുവാ കൂട്ടുവാൻ ഉണ്ടോ കൂട്ടുവാൻ ഉണ്ടോ ഒരു ചോദ്യമാണ് അവിടെയും അവർക്ക് തിരിച്ചറിഞ്ഞില്ല അവരെന്താ പറയുന്നത് കർത്താവിനെ കണ്ടില്ല പകരം ഒന്നും കിട്ടിയില്ല എന്ന് അവർ പറഞ്ഞു നമുക്ക് കത്താവിനെ കണ്ടുമുട്ടാൻ അല്ലെങ്കിൽ ആ കാഴ്ച കത്താവ് തിരിച്ചു കൊടുക്കാനായിട്ട് കത്താവ് ശ്രമിക്കുക നോക്കുക തന്നെ അറിഞ്ഞവർ താന് സ്നേഹിച്ചവർ താൻ അവർക്ക് മുമ്പിൽ തന്നെ തന്നെ വെളിപ്പെടുത്തിയോ അവർ ആ കുഞ്ഞുങ്ങൾ താൻ സ്നേഹിച്ചവർ ഇവിടെ പറയുന്നു യോഹന പറയും തന്നെ ശേഷി കത്താവ് ശേഷിച്ച ശിഷ്യൻ എന്ന് തന്നെ പറ്റിയൊരു ഒരു വളരെ ഉറപ്പോടെ പറയുന്ന ശിഷ്യൻ എന്നിട്ടും മനസ്സിലായില്ല മൂന്നാമതോ ആറാം വാക്കിങ്ങനെ പറയുന്നു പടകിൻ്റെ വലതുഭാഗത്ത് വലവീശുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും ഞാൻ ചിന്തിക്കുന്നു അപ്പോഴെങ്കിലും മനസ്സിലാകണ്ടേ പത്ത് ദിവസത്തിന് മുമ്പ് അങ്ങനെ ഒരു അനുഭവം ഇല്ലേ ഈ വലതുവശത്തോട്ട് വലവീശൻ പറയുമ്പോൾ ഇത് പറയുന്നത് കർത്താവാണെന്ന് തനി ദിവസങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ മുമ്പിൽ ജീവനോടെ മടങ്ങി വന്ന മരണത്തെ തോൽപ്പിച്ച് മടങ്ങി വന്ന കർത്താവിനെ അവിടെയും തിരിച്ചറിയാത്ത ഒരു സാഹചര്യം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ അതിന് ശേഷമാണ് അതിനുശേഷമാണ് യോഹനാൻ തിരിച്ചറിയുക ആ വല നിറഞ്ഞപ്പോൾ വല നിറഞ്ഞപ്പോഴാണ് തിരിച്ചറിയുക നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്ന് കെട്ടതുപോലെ കർത്താവിനെ പരാജയപ്പെടുന്ന പല സാഹചര്യങ്ങളിലും ഈ സാഹചര്യത്തിൽ അത് കർത്താവാണ് അത് കർത്താവാണ് എന്ന് നാം മറന്നുപോകും പലപ്പോഴും പല സാഹചര്യങ്ങൾ കൃപയിൽ ആശ്രയിച്ചു നിൽക്കേണ്ട ദൈവത്തെ എന്നെ മഹത്വം കൊണ്ടുവരേണ്ട ചില പ്രതികൂലങ്ങളുടെ മധ്യേ ആ സാഹചര്യങ്ങളൊക്കെ ദൈവം ഒരുക്കി എന്നെ ശോധനയിലേക്ക് ലഭിക്കുമ്പോൾ ഞാനും മറന്നുപോയിട്ടുണ്ട് അത് കർത്താവാണ് ഇത് കർത്താവാണ് ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ എനിക്ക് കർത്താവിൻ്റെ മഹത്വപ്പെടുത്താൻ കഴിയും പലപ്പോഴും പരാജയപ്പെട്ടവരായിട്ട് ഞാനും എൻ്റെ ജീവിതത്തിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് വചനകേൾവികളുടെ മധ്യേ ഓർക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഞാൻ നിർത്തുകയാണ് അത് കർത്താവാണ് അത് കർത്താവാണ് നോക്കി ഇവിടെ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ പത്രോസിനെ തൻ്റെ തൻ്റെ തൻ്റെ ആ നോക്ക് അവിടെ എത്രമാത്രം എത്രമാത്രം എത്രമാത്രം വില്ലിൽ മടങ്ങി വരുമ്പോൾ തന്നെ വസ്ത്രവും മൂടി എടുത്തി ചാടുക കർത്താവിൻ്റെ അടുത്തേക്ക് വള്ളത്തിൽ വന്നെത്തുന്നതിന് മുമ്പ് കർത്താവിൻ്റെ സന്നിധി വരുവാനായിട്ട് നോക്കി ഇന്ന് ഇതാണ് റെസ്റ്റോറേഷൻ്റെ പുനസ് പുനഃസ്ഥാപനത്തിൻ്റെ ദൈവം കർത്താവ് നമ്മളെ ഇന്ന് കേൾപ്പിച്ചതും എത്രമാത്രം കർത്താവിനെ നമുക്ക് മഹത്തപ്പെടുത്തുവാൻ കഴിയാതെ പോയ ജീവിതമാണ് ഇതുവരെ എങ്കിലും നമുക്ക് കർത്താവ് കാത്തിരിക്കുക കരയിൽ ഓരോ സാഹചര്യത്തോടും കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഇത് ഞാനാണ് മകനെ ഇത് ഞാനാണ് മകളെ ഇത് ഞാനാണ് ഇവിടെ നിനക്കെന്നെ മഹത്വപ്പെടുത്താൻ കഴിയും ഈ ഒരു ഒരു ജീവിതത്തിനായിട്ട് ഞാൻ കൂടുതൽ വാഞ്ചിക്കുന്നു കൂടുതൽ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ ദൈവം തരുന്ന ഏത് സാഹചര്യത്തിലും ഏത് അത് കർത്താവാണ് എൻ്റെ കർത്താവിൻ്റെ അടുത്തുണ്ട് ഞാൻ കർത്താവിനുള്ളവനാണ് ഇവിടെ ഇനി കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയും എന്ന് തിരിച്ചറിയാൻ കർത്താവിൻ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ ഓടി ചെല്ലാൻ നമുക്ക് ദൈവം ഇടയാക്കട്ടെ നമ്മെ സഹായിക്കട്ടെ പതിനെട്ടും പത്തൊമ്പതോ പതിനെട്ടും പത്തൊമ്പതും ആ അധ്യായത്തിൽ എങ്ങനെയാണ് അമ്മനാമേൻ്റെ കർത്താവ് പത്ത് ദിവസത്തോട് പറയുന്നൊരു കാര്യമാണ് ആ അമ്മനാമ ഞാൻ നിന്നോട് പറയുന്നു നീ യവുനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളത് നടന്നു വയസ്സായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തരും നിൻ്റെ അരകെട്ടി നിനക്ക് നിനക്കിഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു പത്തൊമ്പതാം വാക്യം എങ്ങനെയാണ് അതിനാൽ അവൻ ഇന്ന മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു നോക്കുക അനുഗമിക്കുക എന്ന് പറയുന്നതിന് മുമ്പ് ഏതു മരണത്തെപ്പറ്റി അവിടെ പറയുന്നത് തൻ്റെ സ്വന്തം ഇഷ്ടത്തെ നിരന്തരം നോക്കുക നീ മറ്റൊരാൾ നിൻ്റെ അലകട്ടി നിൻ്റെ സ്വാഭാവികമായിട്ട് നീ ഇഷ്ടപ്പെടാത്ത ഇടങ്ങളിൽ ഞാൻ എന്നെ കൊണ്ടുപോകും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും ആരാണീ മറ്റൊരാൾ പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്നതെല്ലാം നിന്റെ സ്വാഭാവിക ജീവനെ വെച്ച് നീ എന്നെ മഹത്വപ്പെടുത്തുമെന്നാണ് ആ വചനത്തിൻ്റെ അർത്ഥം നോക്കുക പത്രദോസൻ്റെ പിൽക്കാല ജീവിതം നോക്കുക പിൽക്കാല ജീവിതം ഈ ഒരു ടെസ്റ്റിനെ എങ്ങനെയാണ് ഭത്രവസ അത് ജീവിച്ചത് ഞാൻ ഒരു മിനിറ്റ് അത് അതുകൂടെ പെട്ടെന്ന് വന്നുകൊണ്ട് ഞാൻ പറയാം അവിടെ ഒരു ഉദാഹരണം അവിടെ അവിടെ അത് കർത്താവാണ് എന്ന് പൗരസഭ സോലൻ കാണാനിടയായ ഒരു ഭാഗം നമുക്കറിയാം പൗരസഫ സോലൻ വളരെ കർശനമായിട്ട് പത്രോസഫസോലനെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്തുന്നൊരു ഭാഗം ഗലാത്തി ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ ഗലാത്തി ലേഖനം രണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ഭാഗമാണെങ്കിലും അവിടെ പത്രോസിൻ്റെ ജീവിതത്തിൽ അവിടെ പിന്നീട് കാണുന്നത് ഇവിടെ ആ ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് പത്രോസ് അവിടെ ഭരണഭാസുമൊക്കെ കപടത്തിൽ തെറ്റിപ്പോകാൻ ഇടയാകും വിധം പത്രവസലൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് വീണ്ടും സംഭവിച്ചു അല്ലെങ്കിൽ അവിടെ ജാതികളോടുകൂടെ അവരൊന്നിച്ച് ഭക്ഷണം കഴിച്ച് ജറുസലമിൽ നിന്ന് യാക്കോബുമൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് ആ സ്വഭാവ പത്ര നിന്ന് ആ കാര്യത്തിൽ നിന്നും ഇടപെടാതെ വന്നപ്പോൾ പൗലോസപ്പ സോലൻ പരസ്യമായിട്ട് പത്രവസപ്പ സോലനെ ശാസിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് അങ്ങനെ പൊതുനാലാം വാക്യമാണ് അവർ സുവിശേഷത്തിന് സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കെ പറഞ്ഞു യഹൂദനായ നീ യഹൂദമര്യാദ പ്രകാരമല്ല ജാതികളെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദമര്യാദ അനുസരിക്കുവാൻ നിർബന്ധിക്കുന്നത് എന്ത് അതേത്തോട് പൗരസഭ ചില കാര്യങ്ങൾ പറയാണ് നോക്കുക താൻ ശിഷ്യന്മാരിൽ അല്ലെങ്കിൽ അപ്പസ്വലന്മാരിൽ ശ്രേഷ്ഠന്മാരെന്ന് ഏറ്റവും ശ്രേഷ്ഠനായ അപ്പസ്വലൻ അവിടെ പരസ്യമായ ശാസനക്ക് വിധേയന വിധേയനാകുമ്പോൾ നോക്കുക അവിടെയും ഞാൻ വിചാരിക്കുന്നു അവിടെ അതേ തുടർന്ന് ഒരു തർക്കമോ ഒന്നും പിന്നീട് കാണുന്നില്ല അവിടെ പത്രവസപ്പ സോളൻ അവിടെ കർത്താവാണ് ഇത് കർത്താവാണ് എന്ന് തന്നെ കുറിച്ച് തന്നെ കാണുവാനായിട്ട് ഇടയായത് കൊണ്ട് തന്നെ തന്നെ എളിമപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം കാരണം അത് നമ്മൾ മനസ്സിലാക്കുന്ന പത്രസപ്പ സോളൻ്റെ ഈ അവസാനത്തെ ലേഖനത്തിൽ പൗരസപ്പ സോളനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട് തനിക്കൊരു ഹൃദയത്തിലൊരു അല്പം പോലും ഒരു മുറിവില്ല അവിടെ അദ്ദേഹത്തിന് അവർ പൗലോസപ്പ സ്വലൻ്റെ ആ ആ ഒരു ശുശ്രൂഷയെപ്പറ്റി താനിങ്ങനെ പറയുന്നു രണ്ട് പത്രലോസിൻ്റെ മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ഇങ്ങനെയാണ് പൗലോസ പത്രലോസപ്പ സ്വലൻ പൗലോസപ്പ സ്വലനെ കൊടുക്കുന്ന സാക്ഷ്യം അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സ സകല അവയിൽ ഗ്രഹിക്കുവാൻ പ്രയാസമുള്ള ചിലതുണ്ട് അറിവില്ലാത്തവരും അസ്ഥിരരുമായവർ ശേഷം തിരുവഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു നോക്കുക തന്നെത്തന്നെ താഴ്ത്തുക പൗരസപ്പ സോലിൻ്റെ അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും വളരെ ശ്രേഷ്ഠമാണെന്നും അത് മനസ്സിലാക്കാൻ വിഷമമുള്ളത് കൊണ്ട് ചിലരതിനെ തള്ളിക്കളയുന്നു എന്നൊക്കെ പറഞ്ഞ് തന്നെത്തന്നെ താഴ്ത്തി പൗരസപ്പസോലിനെ നോക്ക് അവിടെ അഗ്നോളജി ചെയ്യുന്നൊരു ഭാഗം തന്റെ അല്പം പോലും മുറിവില്ല കാരണം ആ ശാസനെയും അതിൻ്റെ മധ്യത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ ആ സാഹചര്യത്തിന് മുമ്പിൽ ഈ പൗലോസപ്പ സോലൻ്റെ കർത്താവിൻ്റെ ഒരു ഒരു ഇടപെടലായിട്ടാണ് പത്തോസപ്പസോളൻ്റെ സാഹചര്യം എനിക്ക് കാണുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ കത്തോ പത്രസപ്പ സോലൻ നമ്മൾ പത്തൊമ്പതാം വാക്യത്തിൽ വായിച്ചതുപോലെ മറ്റൊരാൾ അലകെട്ടി തന്നെ തൻ്റെ സ്വാഭാവിക ജീവൻ നിരന്തരം വ്യാകപീഠത്തിൽ വെക്കുവാനായിട്ട് ദൈവം സഹായിച്ചതുപോലെ നമ്മെയും ഓരോരുത്തരെയും ദൈവം ഈ നാടുകളിൽ നമ്മുടെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ കാണുവാൻ കർത്താവിനെ കാണുവാൻ നാം കർത്താവിൻ്റെ ഇതാണെന്ന് നിരന്തരം പരിശുദ്ധാൽ നമ്മുടെ ഹൃദയത്തെ ഓർപ്പിച്ചു കൊണ്ടിരിക്കട്ടെ സ്തോത്രം നമുക്ക് പ്രാർത്ഥിച്ച മീറ്റിംഗ് അവസാനിപ്പിക്കാൻ സമയമായല്ലോ